നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വധയാലായേയും അവൻറെ ദൂതനെയും അനുസരിക്കുക ജാഗ്രത പാലിക്കുകയും ചെയ്യുക ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ നമ്മുടെ ദൂതന്റെ ചുമതല വ്യക്തമായ സന്ദേശം എത്തിക്കുക എന്നത് മാത്രമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക